നരകത്തിലെ അഗ്നിയിൽ അവ ചൂടുപിടിക്കുന്ന ദിവസം അവരുടെ നെറ്റികളും പാർശ്വങ്ങളും മുതുകുകളും അതുകൊണ്ട് പൊള്ളിക്കപ്പെടും നിങ്ങൾക്കായി നിങ്ങൾ ശേഖരിച്ചു വെച്ചതിദാ അതിനാൽ നിങ്ങൾ ശേഖരിച്ചു വെച്ചതിൽ രുചിക്കൂ